ദാനർമ്മത്തിനോ സൽക്കർമ്മത്തിനോ ജനങ്ങൾക്കിടയിലെ അനുരഞ്ജനത്തിനോ ആഹ്വാനം ചെയ്യുന്നവരൊഴികെ അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ അധികവും ഗുണമൊന്നുമില്ല അള്ളാഹുസുബാനഹുവ ആലയുടെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും അത് ചെയ്താൽ തീർച്ചയായും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്